വേറെക്കാരൻ ആകാശത്തു നിന്നൊരു ഗ്രന്ഥം തങ്ങൾക്കിറക്കിത്തരുവാൻ നിന്നോട് ചോദിക്കുന്നു അതിനേക്കാൾ വലിയൊരു കാര്യം അവർ മൂസ അലഹിസ്സലാമിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു അള്ളാഹു സുബാനഹു അത്രാലയെ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി കാണിച്ചു അങ്ങനെ അവരുടെ അക്രമം കാരണം ഒരിടിനാൾ അവരെ പിടികൂടി പിന്നീട് വ്യക്തമായ തെളിവുകൾ വന്നതിനു ശേഷം അവരൊരു കിടാവിനെ ദൈവമാക്കി അതിനാൽ നാം അവരോട് പൊറത്തുകൊടുത്തു മൂസ അലഹിസ്സലാമിന് നാം വ്യക്തമായ അധികാരം നൽകുകയും ചെയ്തു